ം നാൽപ്പത്തി ഒന്ന് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം പറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ അവൻ നദീനീരത്ത് നിന്നു അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴു പശുക്കൾ നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപമായുള്ള വേറെ ഏഴു പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴു പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ പറവോൻ ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമതും ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴുകതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങിവന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴു കതിർ പൊങ്ങിവന്നു നേർത്ത ഏഴുകതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ പറവോൻ ഉണർന്നു അത് സ്വപ്നമെന്ന് അറിഞ്ഞു പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ടു മിശ്രയിമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് തന്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി പറവോനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു പറവോൻ അടിയങ്ങളോട് കോപിച്ച് എന്നെയും അപ്പക്കാരുടെ പ്രമാണിയെയും കമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വെച്ച് ഞാനും അവനും ഒരു രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു യബ്രായ യൗവനക്കാരൻ ഞങ്ങളോടു കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തന് താന്താന്റെ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നു അവനർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൌരം ചെയ്യിച്ചു വസ്ത്രം മാറി പറവോന്റെ അടുക്കൽ ചെന്നു ഫറവോൻ യോസെഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസെഫ് പറവോനോട് ഞാനല്ല ദൈവം തന്നെ പറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു പിന്നെ പറവോൻ യോസെഫിനോട് പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള ഏഴു പശു നദിയിൽ നിന്ന് കയറി ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എത്രയും വിരൂപമായുള്ള വേറെ ഏഴു കയറി വന്നു അത്ര വിരൂപമായവയെ ഞാൻ മിശ്രയും ദേശത്തെങ്ങും കണ്ടിട്ടില്ല എന്നാൽ മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പലത്തെ ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വയറ്റിൽ ചെന്നു എന്ന് അറിവാനില്ലായിരുന്നു അവ പോലെ തന്നെ വിരൂപമുള്ളവ ആയിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങിവന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങിവന്നു നേർത്ത കതിരുകൾ ഏഴ് നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ യോസെഫ് പറവോനോട് പറഞ്ഞത് പറവോന്റെ സ്വപ്നം ഒന്നു തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം പറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശു ഏഴ് സംവത്സരം നല്ല കതിരും ഏഴ് സംവത്സരം സ്വപ്നം ഒന്ന് തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞും വിരൂപമായുള്ള ഏഴ് പശുവും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞ് പതിരായുള്ള ഏഴ് കതിരും ഏഴ് സംവത്സരം അവ ക്ഷാമമുള്ളവത്സരം ആകുന്നു ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് പറവോന് കാണിച്ച് തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറോനോട് പറഞ്ഞത് മിശ്രയും ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴ് സംവത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സംവത്സരം വരും അപ്പോൾ മിശ്രയും ദേശത്ത് ആ സുഭിക്ഷതയൊക്കെയും മറന്നിരിക്കും ക്ഷാമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചുപോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായിപ്പോകും പറവോന് സ്വപ്നം രണ്ടുവട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കും ആകുന്നു ആകയാൽ പറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ വോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെയാക്കി സുഭിക്ഷതയുള്ള ഏഴ് സംവത്സരത്തിൽ മിശ്രയും ദേശത്തിലെ വിളവിൽ അഞ്ചിലൊന്ന് വാങ്ങണം ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ പറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചുവെക്കണം ആ ധാന്യം മിശ്രയും ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല ഈ വാക്ക് മറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്നു പറഞ്ഞു പിന്നെ ഫറവോൻ യോസെഫിനോട് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും എന്നു പറഞ്ഞു ഇതാ മിശ്രയും ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും പറവോൻ യോസെഫിനോട് പറഞ്ഞു പറവോൻ തന്റെ കൈയ്യിൽ നിന്ന് മുദ്രമോതിരം യോസെഫിന്റെ കൈക്ക് ഇട്ടു അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു സ്വർണ സരപ്പിളിയും അവന്റെ കഴുത്തിൽ ഇട്ടു തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകൊത്തുവീനെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചുപറയിച്ചു ഇങ്ങനെ അവനെ മിശ്രയും ദേശത്തിനൊക്കെയും മേലധികാരി ആക്കി പിന്നെ പറവോൻ യോസെഫിനോട് ഞാൻ പറവോനാകുന്നു നിന്റെ കൽപ്പന കൂടാതെ മിസ്രയും ദേശത്തെങ്ങും യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല എന്നു പറഞ്ഞു പറവോൻ യോസെഫിന് സാപ്ന പനേഹ് എന്നു പേരിട്ടു ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്തിന് അവന് ഭാര്യയായി കൊടുത്തു പിന്നെ യോസെഫ് മിശ്രിൻ ദേശത്ത് സഞ്ചരിച്ചു യോസെഫ് മിസ്രൈം രാജാവായ പറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു യോസെഫ് പറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രൈം ദേശത്തൊക്കെയും സഞ്ചരിച്ചു എന്നാൽ സുഭിക്ഷമായ ഏഴ് സമ്പത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു മിശ്രയിൻ ദേശത്ത് സുഭിക്ഷത ഉണ്ടായ ഏഴ് സംവത്സരത്തിലെ ധാന്യം ഒക്കെയും അവൻ ശേഖരിച്ചു പട്ടണങ്ങളിൽ സൂക്ഷിച്ചു ഓരോ പട്ടണത്തിൽ ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു അങ്ങനെ യോസെഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചുവെച്ചു അളപ്പാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തിക്കളഞ്ഞു ക്ഷാമകാലം വരുമുമ്പെ ോസെഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു എന്റെ സകല കഷ്ടതയും എന്റെ പ്രതിർഭവനം ഒക്കെയും ദൈവമെന്നെ മറക്കുമാറാക്കിയെന്ന് പറഞ്ഞ് യോസെഫ് തന്റെ ആദ്യ ജാതന് മനശ എന്ന് പേരിട്ടു സങ്കട ദൈവമെന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് യഫ്രൈം എന്ന് പേരിട്ടു മിശ്രയിം ദേശത്തുണ്ടായ സുഭിക്ഷതയുള്ള ഏഴ് സംവത്സരം കഴിഞ്ഞപ്പോൾ യോസെഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള ഏഴ് സംവത്സരം തുടങ്ങി സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിശ്രയിം ദേശത്തെല്ലാടവും ആഹാരം ഉണ്ടായിരുന്നു പിന്നെ മിശ്രൈം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു ഫറവോൻ മിശ്രൈമ്യരോടൊക്കെയും നിങ്ങൾ യോസെഫിന്റെ അടുക്കൽ ചൊല്ലുവിൻ അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്വിനെന്ന് പറഞ്ഞു ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി യോസെഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മിശ്രയിമ്യർക്ക് ധാന്യം വിറ്റു ക്ഷാമം മിശ്രയും ദേശത്തും കഠിനമായി തീർന്നു ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിശ്രയിമിൽ യോസഫിന്റെ അടുക്കൽ വന്നു